നീ പറയുക നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക അള്ളാഹു സുബഹാനഭുവ ചാലയും അവൻറെ റസൂലും വിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കാണുന്നതാണ് പിന്നീട് നിങ്ങൾ അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വിവരിച്ചുതരും